ധ്യാജനശലാകുന്മീലി മേന തസ്മൈ ശീഗുരവേ നമ നമോ ഭഗവത്തെ വാസുദേ ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം നാല് ശ്ലോകങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ ശുഗദേവ ഗോസ്വാമിയുടെ പ്രാർത്ഥനകൾ ശ്ലോകം പന്ത്രണ്ട് भूयसे, പരസ്മൈ निरोधलीलया, ഭൂയസേ സുദ്ഭവസ്ഥന നിരോധലീലയാത്രിതേ മന്ദർഭാലക്ഷ വിവർത്തനം ശ്രീ ശുഗദേവ ഗോസ്വാമി പറഞ്ഞു ഭൗതിക ലോകത്തിന്റെ സൃഷ്ടികർമ്മ നിർവഹണാർത്ഥം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ കൈകൊണ്ട ആ പരമദിവ്യോത്തമ പുരുഷനെ ഞാൻ പ്രണമിക്കുന്നു ഏവരുടെയും ശരീരത്തിൽ അന്തരംഗസ്ഥനായി സ്ഥിതി ചെയ്യുന്ന പരമപരിപൂർണനും പൂർണസമ്പൂർണനുമായ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ അചിന്ത്യങ്ങളാണ് ശ്ലോകം പാരമഹംസ്യ ആശമേ വ്യവസ്ഥിതാനം വിവർത്തനം ധർമാത്മാക്കളായ ഭക്തന്മാരുടെ സർവ ദുരിത നിവാരകനും അഭക്തന്മാരായ അസുരരുടെ നാസ്തികശീലങ്ങളുടെ അഥവാ നിശ് നിരീശ്വര സ്വഭാവങ്ങളുടെ സംഹാരകനും സർവാതിശായനും അതീന്ദ്രിയനുമായ പൂർണ്ണ അസ്തിത്വ രൂപത്തെ ഞാൻ വീണ്ടും സാദരം പ്രണമിക്കുന്നു ഉത്തുങ്ക അതീന്ദ്രിയവാദികൾക്ക് അദ്ദേഹം അവരുടേതായ പ്രാപ്യസ്ഥാനങ്ങൾ പ്രദാനം ചെയ്യുന്നു ശ്ലോകം नमो नमस्ते स्वृषा सातुर काषा मुहुकुयोगिनाम्यादशे नातसा स्वधाम ब्राह्मणी रंसेते नम ം യതുവംശരുടെ മിത്രവും അഭക്തർക്ക് സദാപ്രശ്നക്കാരനുമായ അദ്ദേഹത്തെ ഞാൻ സാദരം പ്രണമിക്കുന്നു ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളുടെ പരമ ആസ്വാദകൻ അദ്ദേഹമാണ് എന്നിരുന്നാലും ആത്മീയ ആകാശത്തിലെ സ്വധാമത്തിൽ അദ്ദേഹം ആനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ വിഭവങ്ങൾ അമേയമാകയാൽ അദ്ദേഹത്തിന് തുല്യനായി ആരും തന്നെയില്ല യീർത്തനം യത് സ്മരണം യീക്ഷണം യദ്വന്ദനം യണം യഥർഹണം കരനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ സാദരം പ്രണമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗുണവർണ്ണനത്തിനും സ്മരണത്തിനും ദർശനത്തിനും ശ്രവണത്തിനും പ്രാർത്ഥനകൾക്കും ആരാധനയ്ക്കും നിവർത്തകന്റെ സകല പാപഫലങ്ങളെയും ഉടന പവിത്രമാക്കാൻ കഴിയും ശ്ലോകം പതിനാറ് വിചക്ഷണയച്ചരണോപസാദനാദ് तस्मै ुदस््योभकनाय श्रीकृष्ण भगवानी वीडुम ണമിക്കുന്നു അതീവ ബുദ്ധിശാലികൾ അദ്ദേഹത്തിൻ്റെ പാതാരിന്ദെ ശരണം പ്രാപിക്കുന്നത് വഴി മാത്രം ഭാവിയിലെയും വർത്തമാനത്തിലെയും അസ്തിത്വങ്ങളിലെ എല്ലാ ആസക്തികളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു അനന്തരം അനായാസേന ആത്മീയ അസ്തിത്വത്തിലേക്ക് മുന്നേറുന്നു ശ്ലോകം പതിനേഴ് തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്വിനോ മന്ത്രദമംഗളാ ക്ഷേമം നവിന്ദിവിനായർപ്പണം തസ്മൈ സുഭദ്രശ്രവസേനമോ നമ ം സർവമംഗളകരനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും സാദരം പ്രണമിക്കുന്നു എന്തുകൊണ്ടെന്നാൽ തപസ്വികൾക്കും മഹാദാനധർമ്മികൾക്കും യശസ്വികൾക്കും മഹാതാത്വികർക്കും യോഗികൾക്കും വേദമന്ത്രങ്ങളിൽ നിപുണർക്കും വേദതത്വങ്ങളെ കണിശമായി അനുവർത്തിക്കുന്നവർക്കും അവരുടെ ഔവണ്ണം ശ്രേഷ്ഠമായ ഗുണങ്ങളെ ഭഗവത് സേവനത്തിനായി സമർപ്പിക്കാത്ത പക്ഷം യാതൊരു അഭികാമ്യമായ ഫലവും പ്രാപ്തമാക്കാൻ സാധ്യമല്ല ശ്ലോകം പതിനെട്ട് ഹൂന്ദ്രപുളിന്ദപുൽക്കഭീരശുബാ വാഗസാദയ പാപാശ്രയാശ്രയാന്തി തമൈ പ്രഭവിഷ്ണവേ നമ വിവർത്തനം കിരാദം ഹൂണം പുളിന്ദം പുൽകശം ആഭീരം ശുംഭം യവനം ഘസം എന്നി വംശജരും പാപകർമ്മങ്ങളിൽ ആസക്തരായ മറ്റുള്ളവർ പോലും ഭഗവാന്റെ പരമശക്തി ഹേതുവായി ഭഗവത്ഭക്തരെ അഭയം പ്രാപിക്കുന്നതിനാൽ പവിത്രീകരിക്കപ്പെടുന്നു ആദരപൂർവമായ എന്റെ പ്രണാമം സ്വീകരിക്കണമെന്ന് അനന്തശക്തിമാനായ അദ്ദേഹത്തോട് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുന്നുലോകം പത്തൊൻപത് സേഷ ആത്മാത്മവതാമതീശ്വര സ്ത്രീമയോധർപയ ക്ഷാത്കാരം പ്രാപിച്ച സർവ ആത്മാക്കളുടെയും പരമാത്മാവും പരമഭഗവാനുമാകുന്നു വേദങ്ങളുടെയും ധർമ്മഗ്രന്ഥങ്ങളുടെയും തപശ്ചര്യയുടെയും മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം ബ്രഹ്മാവിനാലും ശിവനാലും എല്ലാ കപടഭാവങ്ങൾക്കും അതീതരായ മറ്റുള്ളവരാലും അദ്ദേഹം ആരാധിക്കപ്പെടുന്നു ആദരയുക്തമായ ഭയത്തോടും ആദരവോടും കൂടി പൂജിക്കയാൽ ആ പരമപരിപൂർണൻ എന്നിൽ പ്രസാദിച്ചേക്കാം ശ്ലോകം ഇരുപത് ശ്രിയപതിരപതി പ്രജാതിർ യാമ്പതിർകർ പതിർഗീവൃഷ്ണി സത്വീദവാൻ സീർത്തനം എല്ലാ ഭക്തന്മാരുടെയും ആരാധ്യദേവനും യതുവംശത്തിലെ വൃഷ്ണിയെയും അന്ധകരെയും പോലെയുള്ള രാജാക്കന്മാരെയെല്ലാം കീർത്തിയും സംരക്ഷകനും ഭാഗ്യദേവതമാരുടെയെല്ലാം പതിയും സർവയജ്ഞങ്ങളുടെയും അനുശാസകനാകയാൽ അഖില ജീവസത്തകളുടെയും അധിപനും സമസ്തജ്ഞാനത്തിൻറെയും ും ആത്മീയവും ഭൗതികവുമായ സർവലോകങ്ങളുടെയും നാധനും ഭൂമിയിലെ പരമ അവതാരവും എല്ലാറ്റിലും പരമവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ കൃപയുള്ളവനായി തിരുത്തിയിരട്ടെ ശ്ലോകം ഇരുപത്തിയൊന്ന് യഥ്യാനസമാതിദൗതയാപി തദി ചൈതത് കവയോയുജം സമേ മുദോ ഭഗവാൻ പ്രസീദ തവർത്ത മോക്ഷം അഥവാ മുക്തി പ്രദാനം പരമ ദിവ്യോതമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാകുന്നു പ്രമാണീകരുടെ കാലടികളെ അനുവർത്തിച്ച് അനുനിമിഷവും ഭഗവാന്റെ പാദാംബുജങ്ങളെ സ്മരിച്ചുകൊണ്ട് സമാധിയിലുള്ള ഭക്തന് പരമസത്യത്തെ ദർശിക്കാൻ കഴിയും എന്നിരുന്നാലും വിവാൻമാരായ മാനസിക വിചക്ഷണന്മാർ അവരുടെ മനോരഥങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തെ സ്മരിക്കുന്നു ഭഗവാനെ എന്നിൽ പ്രസാദിച്ചാലും ശ്ലോകം ഇരുപത്തിരണ്ട് പ്രചോദിതായേന പുരാ സരസ്വതീ स्वलक्षण सृष्टियरंभ ब्रह्मदेवन प्रभ विष्णु ज्ञानते अदेह ഹൃദയാന്തര വിപുലപ്പെടുത്തിയതും ഭഗവാന്റെ സ്വ ആത്മാവിനെ കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചുമുള്ള സമഗ്രജ്ഞാനത്താൽ അദ്ദേഹത്തെ പ്രബോധിപ്പിച്ചതും ബ്രഹ്മാവിന്റെ വധനത്തിൽ നിന്നും ആവിർഭവിച്ചുവെന്ന് കാണപ്പെടുന്നവനുമായ ബാഹ്യദൃഷ്ട്യ ആ ഭഗവാൻ എന്നിൽ श्लोकम इमा निर्माशुरुष भुंग गुणाशोड़शात्मक सोलिंग ഭഗവാൻസിമേ വിവർത്തനം പ്രപഞ്ചത്തിനുള്ളിൽ ശയിച്ചുകൊണ്ട് ഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഭൗതിക ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്നവനും പുരുഷാവതാരത്തിൽ ജീവാത്മാവിന്റെ ജനകങ്ങളായ ഭൗതിക ഗുണങ്ങളുടെ പതിനാറ് അംശത്തിലും ജീവാത്മാവ് വിധേയമാക്കപ്പെട്ടതിന് കാരണമാകുന്നവനുമായ ആ പരമദിവ്യോത്തമ പുരുഷൻ എൻറെ പ്രസ്ഥാനകളെ കീർത്തി മുദ്രകൾ അണിയിച്ച് ആദരിക്കത്തക്ക വിധം എന്നിൽ പ്രസാദിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ േ ഹര ഹരേ ഹരേ ഹരി ഓ തത്